സിദ്ധാ നന്ദ ശ്രീശ്രീമുഖേശ്രീ സമഗ്ര സങ്കർത്തീശ്വരീ സദാശിവ നി ഗുരുമേമി ഭഗവത് പാദ സംഗമ യോഗ സങ്ക േരാ തസ് എത്ര യചതിേജസേന് ആപ ഐന്ത ബഹുഹ്യയാ ൈച്ഛത എന്ന് പറഞ്ഞാൽ ദർശനം എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഐക്ഷദാനുള്ള രൂപം ഉണ്ടായത് അതുകൊണ്ട് പറയുന്നത് യുഷദർശനം കൃതപത് അത് ദർശിച്ചു ദർശനം ഉണ്ടായി ദർശിച്ചു സങ്കല്പം ഉണ്ടായി എന്ന് പറയാം ജ്ഞാനം ഉണ്ടായി എന്നെല്ലാം മധസ്ഥ എന്ന പ്രധാനം സാഖ്യപരികൽപ്പിതം ജഗത് കാരണം സത്താണ് ജഗത്തിന് കാരണമായിരിക്കുന്നത് ജഗത്കാരണമായ സത്താണ് നീ എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത് പക്ഷെ ജഗത്തിന് കാരണം സത്താണെന്ന് സാങ്ക്യന്മാര് പറയുന്നില്ല അവര് പോലെ പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതി എന്നിവർ പറയുന്നത് സത്വരജ ത സാമ്യാവസ്ഥയായിരിക്കുന്ന പ്രകൃതി അതിൽ പരിണാമം സംഭവിച്ചാണ് ഈ നമ്മളീ കാണുന്ന പ്രകൃതി ഉണ്ടായത് നമ്മൾ കാണുന്ന പ്രകൃതിയാണ് ജഗത്ത് അതിന് കാരണമായൊരു പ്രകൃതിയുണ്ട് അതിന് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് പ്രധാനം അത് ജഗത്തിന് കാരണവറിയുന്നു അതിലൂടെ നിഷേധിക്കുന്നു പ്രധാന സെ അചേതത്വഭ്യമാണ് അവര് തന്നെ സ്വീകരിച്ചിരുന്നത് പ്രധാന അചേതനമാണ് അചേതമായതെന്ന് ജഡം അതിലെങ്ങനെ ഈക്ഷ അല്ലെങ്കിൽ ദർശനം ഉണ്ടാവും എങ്ങനെ സങ്കല്പം ഉണ്ടാവും ജ്ഞാനം ഉണ്ടാവും ബ്രഹ്മസൂത്രത്തിൽ വളരെ വിശദമായി സംഖ്യന്മാരുടെ ഈ ആശയത്തെ സംഗ്രഹയം നിഷേധിക്കുന്നുള്ളത് ശരിയല്ല ജഡമായ അച്ഛേദനമായോ സൃഷ്ടിക്കാൻ സൃഷ്ടി ഉണ്ടാകത്തില്ല അതുകൊണ്ട് പ്രധാനമാണ് ജഗത്തിന് കാരണമെന്നുള്ളത് ശരിയല്ല പുരുഷനെ സ്വീകരിക്കുന്നു പുരുഷൻ നിർഗുണനാണ് അതുകൊണ്ട് പുരുഷന് സൃഷ്ടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ജഡമായ പ്രധാനം സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് പരമപ്രകൃതി അംഗീകരിക്കുന്നില്ല ഇതെന്തോ സത് ചേതനം ജഡത്തിൽ നേരെ വിരുദ്ധമായിരിക്കുന്നു ചേതനം ചേതനത്തിന് നേരെ വിരുദ്ധമായത് ജടം സത് ചേതനമാണ് അത് സങ്കല്പിച്ചു സങ്കല്പം പിന്നെ ചൈതന്യത്തിലെ സംഭവിക്കും ചേതനം അല്ലെങ്കിൽ സത്ത് എന്ന് പറയുന്നത് ഒരു സമുദ്രമാണെങ്കിൽ അതിലൊരു തരംഗമാണ് ഈക്ഷർശനം സമുദ്രത്തിൽ ചിലപ്പോൾ ശാന്തമായിരിക്കും ചിലപ്പോൾ അതൊന്ന് ക്ഷോഭിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റു ചില സ്ഥലങ്ങൾ പറയും ചിക്ഷോഭം ചിത്തിലൊരു ക്ഷോഭം ഉണ്ടാകും അതാണ് ദർശനം അത് ജ്ഞാനമാണ് അതാണ് സൃഷ്ടിയുടെ ആരംഭം സൃഷ്ടി തുടങ്ങുന്ന എങ്ങനെയാണ് ചിത്തിൽ ഒരു എങ്ങനെ അതിന് സമാധാനം പറയാൻ പറ്റത്തില്ല പറ്റില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മായ സുഷൃത്തിയിൽ നിന്നും എങ്ങനെ ജാഗ്രതത്തിലേക്ക് വരുന്നു സമാധാനം പലതും പറയുന്നുണ്ട് പക്ഷെ ശരിയായൊരു സമാധാനം ഇല്ല അതായത് സുഷുയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നത് ബോധപൂർവമാണോ ആ ചോദ്യത്തിന് സമാധാനം പറയാൻ പറ്റത്തില്ല പറയണമെങ്കിൽ അവിടെ ബോധം ഉണ്ടായിരിക്കും ോധം മുമ്പിലുണ്ടായാലേ ബോധപൂർവം എന്ന് പറയാൻ പറ്റും ബോധപൂർവം ജാഗ്രതയിലേക്ക് വരാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെ സംഭവിക്കുന്നു അതങ്ങനെ സംഭവിക്കുന്നു അത്ര മാത്രം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിറനിമിത്തമായി സംഭവിക്കുന്നു അതിന് ഒരു നിമിത്തമുണ്ട് ആ ജാഗ്രതത്തിലേക്കുള്ള വരവിന് ഒരു നിമിത്തമുണ്ട് അതങ്ങനെ സംഭവിക്കുന്നു അത്ര മാത്രം എനിക്ക് ജാഗ്രതത്തിലേക്ക് വരണമെന്ന് സങ്കല്പിച്ചിട്ടൊരാൾക്ക് വരാൻ പറ്റത്തില്ല സംസ്കാരം കൊണ്ടെന്നോ വാസന കൊണ്ടെന്നോ ഒന്ന് പറഞ്ഞാലോടെ യുക്തിക്ക് നിരക്കില്ല സംസ്കാരം അല്ലെങ്കിൽ വാസന ഏത് രൂപത്തിലിരുന്നു ശരി സംസ്കാരത്തിനും കൊണ്ട് ജാഗ്രതയിലേക്കുന്ന പറഞ്ഞാൽ സംസ്കാരത്തെ എന്താണ് പ്രചോദിപ്പിച്ചത് നിദ്രയിൽ സംസ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജാഗ്രതയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നിദ്രയിൽ നിദ്രാസമയത്ത് മുഴുവൻ സംസ്കാരം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ആ ഗാഠ സശക്തി തുടർന്നു ഏത് സമയം സംസ്കാരത്തിന് വരമായിരുന്നല്ലോ ഒരാട് പറയുന്നതാ ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണർന്നു എന്തായ ഒരു മണിക്കൂർ വരെ സംസ്കാരം കാത്തിരുന്നു അതിനുമ്പെന്താ സംസാരം പ്രവർത്തിക്കാത്ത വാസന എന്താ പ്രവർത്തിക്കാത്തത് സമാധാനം ഇല്ല പിന്നെന്താണ് അതങ്ങനെ സംഭവിക്കുന്നു അതുപോലെ ദർശനം സംഭവിക്കുന്നു ആ ദർശനത്തിൽ സൃഷ്ടിയുണ്ടായി സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം പ്രാണികളുടെ കർമ്മമനുസരിച്ച് അതൊക്കെ ഒരു യുക്തികളാണ് ആത്യന്തികമല്ല അങ്ങനെ ഒരു സങ്കല്പമുണ്ടായി അപ്പോ അത് ജ്ഞാനമാണ് സത്ത് ഒന്ന് സത്ത് ചേതനം രണ്ടുമൊന്ന് സത്തന്നോ ജ്ഞാനമെന്നോ പറയാം അതിനൊരു ദർശനം ഉണ്ടായി തത് കഥം ഐക്ഷത ഇത്യാഹ അതെങ്ങനെ സങ്കല്പിച്ചു ബഹു പ്രഭൂതം സ്വഭവേയം പ്രജായേയ പ്രകർഷിയ പലതാകട്ടെ ഞാൻ പലതിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായി എന്നുള്ളത് ജാഗ്രത്വം അങ്ങനെയാണ് അഹംബോധം ഉണ്ടാകുന്നു അതാണ് ജാഗ്രതത്തിലേക്ക് വരുന്ന പൊതുവെ അതോടൊപ്പം ഇതംബോധം ഉണ്ടാകും അഹം ഇതം ഇത് ഇത് പറയുന്ന അനന്തമായി ഉണ്ടാവും പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നു ശബ്ദം കേൾക്കുന്നു രൂപം കാണുന്നു നാനാതരത്തിൽ ഇതംബോധം ഉണ്ടാകും പറയുന്നു പ്രഭുധംസ്യം പ്രജായ ഉണ്ടാകട്ടെ അങ്ങനെ സങ്കല്പിച്ചു എന്ന് പറയുന്നതാണ് ആ തരത്തിലുള്ള ദർശനം ഉണ്ടായി സങ്കല്പം ഉണ്ടായി പലതിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായിരുന്നു റങ്ങി കൊണ്ടുവരുന്നവനെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന സങ്കല്പങ്ങൾ എന്താണ് കാണുന്നു കേൾക്കുന്നു രചിക്കുന്നു മണം ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ടുണ്ടാവുന്നത് കാണുന്നു രൂപത്തെ കാണുന്നു കേൾക്കുന്നു ശബ്ദത്തെ കേൾക്കുന്നു കാണുന്നു ചിന്തിക്കുന്നു അതുപോലെ കേൾക്കുന്നു അപ്പൊ പ്രത്യക്ഷമായി വരുന്നത് ശബ്ദം രൂപം ന്ധമിതൊക്കെയാണ് അതുകൊണ്ടന്നെ ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് ഇവിടെ പറയുന്നു അഗ്നിയെ സൃഷ്ടിച്ചു ജലത്തെ സൃഷ്ടിച്ചു പൃഥ്വിയെ സൃഷ്ടിച്ചു അതൊക്കെയാണ് സ്ഥൂലം പ്രത്യക്ഷമാകുന്നത് ആകാശം വായും അരൂപ്യമായതാണ് അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് വരത്തില്ല മനസ്സിൽ പെട്ടെന്ന് കൂടുതൽ സ്ഥൂലമായതു വരും മൂർത്തമായതു പെട്ടെന്ന് വരുന്നത് ശബ്ദവും അരൂപവുമാണ് അതുകൊണ്ട് അതിന്റെ സൃഷ്ടി ആദ്യം എന്ന് പറയും പിന്നെ മറ്റുള്ളതെല്ലാം സൃഷ്ടിച്ചു അപ്പൊ ഒരു വ്യക്തി സത്വം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഒരു വ്യക്തി ഇരുന്നിട്ടിങ്ങനെ സങ്കല്പിച്ച് സങ്കല്പിച്ചിട്ട് ഓരോന്നിനും ഓരോന്നിനെ ആയിട്ട് സൃഷ്ടിച്ചു ആദാമിനി അവയെ സൃഷ്ടിച്ചതുപോലെ അങ്ങനെ എന്നൂടെ പറഞ്ഞു തരത്തിലുള്ള ഒരു സൃഷ്ടിയുണ്ട് അത് ദൈവത്തിനൊരു വ്യക്തിയെ ആയിട്ട് സങ്കല്പിക്കുമ്പോൾ ആദ്യ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു വേറൊരു മനുഷ്യനെ സൃഷ്ടിച്ചു അതൊക്കെ വെറും കുട്ടിക്കഥകൾ കൊട്ടക്കഥകൾ ഇവിടെ ആ തരത്തിലുള്ള പറയും പിന്നെങ്ങനെയാണ് ആ സൃഷ്ടി മനസ്സിലാക്കേണ്ടത് യഥാമൃത്വാധ്യാകാരേണ യഥാ വാരജ്വാതി സർപ്പാദ്ധ്യായകാരേണ ബുദ്ധി പരികൽപിതേനോ ബുദ്ധിയുടെ പരികല്പനയാണ് അത് നമുക്കറിയാം ജാഗ്രത എന്ന് പറയുന്നത് ബുദ്ധിയുടെ പരികല്പനയാണ് ഈ കല്പന എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കും അദ്ദേഹത്തിന് തികച്ച് സാന്തി സാങ്കേതികമായിട്ട് അത് ഉപയോഗിക്കുകയാണ് കൽപ്പന എന്ന് പറയുന്നത് നമ്മള് സാറിന് ധരിക്കുന്ന എന്താണോ സങ്കല്പിക്കുന്നു ഭാവന എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കല്പന എന്ന് പറയുന്ന പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടും രണ്ടാണ് ഇപ്പൊ എൻ്റെ മുമ്പിൽ പുസ്തകമായിരിക്കുന്നു ഇത് പ്രതീതിയാണ് കല്പനയാണ് പ്രതീതമാകുന്നു എനിക്ക് അനുഭവപ്പെടുന്നു അത് സത്യമാണോ അസത്യമാണോ എന്റെ ബുദ്ധിയുടെ സൃഷ്ടിയാണോ അല്ല അത് ബാഹ്യമായിട്ടുള്ളതാണോ അതൊക്കെ പിന്നീട് വരുന്ന കാര്യം ഒരു കാര്യം എന്താണ് അത് കല്പന എന്റെ പ്രതീതിയാണ് നമ്മൾ സാധാരണ കല്പന എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഇവിടെയിരിക്കുന്നു അപ്പൊ കല്പിക്കുന്നു വിശപ്പുണ്ട് ഒരു ഗ്ലാസ് പാൽപ്പായസം വരട്ടെ ഒന്നും സംഭവിക്കത്തില്ല നാവല് രസമൂറും അത്രയാണ് അത് കഴിഞ്ഞ് അതേ കഴിഞ്ഞ് കല്പന ഉണ്ടെന്ന് സംഭവിക്കത്തില്ല ഇപ്പം പകലാണ് രാത്രിയാവട്ടെ കല്പിച്ചതെന്ന് സംഭവിക്കട്ടെ സങ്കല്പശക്തിയുള്ള സിദ്ധന്മാരുണ്ടെന്ന് പറയുന്നു സങ്കല്പ സങ്കല്പിച്ച സംഭവിക്കുന്നു സാധാരണ ജീവന്മാർക്ക് അതൊന്നും സംഭവിക്കാൽപന അല്ലെങ്കിൽ ഭാവന ബുദ്ധി കല്പന എന്ന് ബുദ്ധിപ്രതീതി ജാഗ്രത എന്ന് പറയുന്ന ഒരു ബുദ്ധിപ്രതീതിയാണ് ുദ്ധിയെന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണെങ്കിൽ അതിൽ വരുന്ന പ്രതിബിംബങ്ങൾ അതാണ് പ്രതിയതി എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ കണ്ണാടിയാണ് വളരെ ശുദ്ധമായ കണ്ണാടിയാണ് പക്ഷേ ഒരു തകരാറുണ്ട് ോകത്തിന് ഇന്ന് വരെ ആരും ശുദ്ധമായ കണ്ണാടി കണ്ടിട്ടില്ല ആരെങ്ങനെ കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും അവകാശപ്പെടാതിട്ടോ ഞാനൊരു ശുദ്ധമായ കണ്ണാടി ഉണ്ടെന്ന് അതാർക്ക് സാധ്യമേ അല്ല ശുദ്ധമായ കണ്ണാടി എന്തുകൊണ്ട് കാണാൻ പറ്റത്തില്ല ശുദ്ധമായ കണ്ണാടി നോക്കുമ്പോൾ അവൻ കാണുന്ന എന്തായിരിക്കും തന്റെ പ്രതിയൂ അപ്പൊ പ്രതിബിംബം കൂടാതെയുള്ള കണ്ണാടിയാണ് ശുദ്ധമായ അത് കാണാൻ കഴിയത്തില്ല ഇപ്പൊ കണ്ണാടി കാണുന്നെങ്കിൽ പ്രതിബിംബത്തോടു കൂടിയും കാണാൻ പറ്റും പക്ഷെ നമുക്കറിയാം കണ്ണാടി ശുദ്ധമാണോ അത് നമുക്കറിയാം അതെങ്ങനെ അറിയാൻ പറ്റും പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റത്തില്ല കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടറിയാൻ പറ്റത്തില്ല പിന്നെ പ്രതീതി കാണുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ തൻ്റെ മുഖം കാണും അപ്പോൾ നമുക്ക് കൽപ്പിക്കാം ഈ ഞാൻ കാണുന്ന എൻ്റെ പ്രതിരൂപം ഇല്ലാതിരുന്നെങ്കിൽ അത് ശുദ്ധമായിരിക്കും അത്രയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധനം ചിന്തിക്കാത്ത കാര്യമാണ് നമ്മൾ പറയാറുണ്ട് ശുദ്ധമായ കണ്ണാടി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൽപ്പന മാത്രമാണ് പക്ഷെ അതൊരു സത്യവുമാണ് സത്യത്തെക്കുറിച്ചുള്ള കല്പന അസത്യമാണ് കാരണം ഈ പ്രതിബിംബം എന്ന് പറയുന്നത് താത്കാലികമാണ് നമ്മളതിന്റെ മുമ്പെ ചെന്ന് നിന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രതിബിംബം ഉണ്ടായി അതില്ലാതിരുന്നെങ്കിലോ ആ പ്രതിബിംബം ഉണ്ടാകത്തില്ല അങ്ങനെ ഓരോ പ്രതിബിംബങ്ങളിൽ നിന്നും പ്രതിബിംബങ്ങളും അതിലൊന്നൊഴിച്ച് മാറ്റിയാൽ നമുക്ക് ഭാവനയെ സങ്കല്പിക്കാം അത് ശുദ്ധമായിരുന്നു പക്ഷെ അത് നമുക്ക് സാധ്യമല്ല കണ്ണാടി എന്ന് പറയുന്നത് അതിന് പ്രതിബിംബത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നുള്ളൂ അതേസമയം അത് ശുദ്ധവുമാണ് പ്രതിബിംബത്തോടു കൂടി ഇരുന്നിട്ട് അതിന് എന്തുകൊണ്ട് ശുദ്ധമെന്ന് പറയുന്നു കാരണം ഈ ബിംബങ്ങൾക്കൊന്നു അതിന് സ്പർശിക്കാൻ കഴിയുന്നുണ്ട് ബിംബങ്ങൾ ആശു ശുദ്ധമായ കണ്ണാടിയിലെ പ്രതീതികളാണെന്ന് പറയാം അതാണ് പ്രതീതി സങ്കല്പമല്ല പ്രതീതി എന്ന് പറയുന്ന പറയുക അശുദ്ധമായ പ്രതലത്തിലെ പ്രതീതികളാണ് ഈ നീളുകളല്ല നീണുകളുടെ സ്ഥിതി എന്താ അവിടെ ഉണ്ടത് കണ്ണാടിയുടെ മുമ്പ് ചെന്നിട്ട് അതിന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ എന്റെ പ്രതീരീതിയില്ല അത് ശുദ്ധമാണോ അതുകൊണ്ട് എന്റെ പ്രതീതിയില്ലയെന്ന് പറയാൻ കഴിയില്ല ആ പ്രതീതി അംഗീകരിച്ച പെട്ടു ബലാറൻ അതേസമയം അത് ശുദ്ധമാണ് പ്രതീതി അതിനെ സ്പർശിക്കുന്നുമില്ല കണ്ണാടിയിൽ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും അനുക്കീട് പറ്റാം പക്ഷെ പ്രതിബിംബത്തിന് അതിനെ മലിനമാക്കാൻ കഴിയത്തില്ല അതിനെ സ്പർശിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ടത് പ്രതീതി ആയതുകൊണ്ട് രണ്ടും രണ്ടാണ് കണ്ണാടിയിൽ നമ്മൾ കുറച്ച് അഴുക്ക് തേച്ചെന്നിരിക്കട്ടെ അത് മങ്ങിപ്പോവും പക്ഷെ പ്രതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റ പ്രതിക്ക് കണ്ണാടി ഒരു മാലിന്യം ഉണ്ടാകാൻ കഴിയത്തില്ല അതാണ് പ്രതി അതങ്ങനെ സംഭവിക്കുന്നതാണ് അശുദ്ധമായ പ്രതലവും പ്രകാശവും മറ്റൊരു ബിംബവും കൂടി ചേരുമ്പോൾ അത് സംഭവിക്കും അങ്ങനെ സംഭവിച്ചിട്ടും ആ പ്രതലത്തിന് സ്പർശിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതുപോലെയാണ് ബുദ്ധി പരികൽപ്പന പറയുന്നു ജ്ഞാനത്തിൻ്റെ കൽപ്പന ആ ഞാൻ കണ്ണാടിയുടെ മുമ്പ് പോയി ഞാൻ കാണുന്നു അതുകൊണ്ട് എന്റെ പ്രതിബിമ്പവിടെ ഉണ്ടായി എന്നത് കാണുന്നുവെങ്കിൽ കണ്ണാടി എന്തായിരിക്കും ചിന്തിക്കുന്നത് കണ്ണാടിയെ സംബന്ധിച്ചെന്താണ് കണ്ണാടി ഞാനിങ്ങനെ സ്വച്ഛമായിരിക്കുന്നു ശുദ്ധമായിരിക്കുന്നു അതുകൊണ്ടെൻ പ്രകാശത്തിന്റെയും രൂപങ്ങളുടെയും എല്ലാം പ്രതിബിമ്പുണ്ടാകും അത്താൻ ശുദ്ധമായിരുന്നു അശുദ്ധമായതിനെ പ്രതിബിംബിക്കാൻ കഴിയുന്നില്ലല്ലോ ശുദ്ധിയുള്ളടത്തെ നമുക്ക് കഴുക്കിനെ അറിയാൻ പറ്റും ശുദ്ധിയില്ലാത്തവരുടെ കഴുക്കിനെ അറിയാൻ പറ്റും അതുകൊണ്ടിത് ഈ ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം അത് സ്വയം ശുദ്ധമായതുകൊണ്ട് അതിൽ ഈ പ്രതിബിംബത്തെ അറിയാൻ കഴിയും കണ്ണാടിയിൽ എന്ത് രൂപവും പ്രതിഫലിക്കും അതുപോലെ ഈ ബുദ്ധിയിൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ സർവുമതി പ്രതിബിംബിക്കുന്നു പ്രതിഫലിക്കുന്നു പ്രതീതമാകുന്നു എന്താ പ്രതിബിംബം കണ്ണാടിയുടെ സൃഷ്ടിയാണ് കണ്ണാടി സൃഷ്ടിച്ചതെന്ന് നോക്കി പറയാൻ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഭാവനയാണ് ഒരിക്കലുമല്ല ഭാവിച്ചതും സൃഷ്ടിക്കാൻ ഇവിടെ സൃഷ്ടിക്കൊരു നിയമമുണ്ട് ഒരു വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് സൃഷ്ടി സംഭവിച്ചുകൊണ്ടേ അത് സൃഷ്ടിയിൽ സംഭവിക്കുന്നു പക്ഷെ ബുദ്ധിയിലെന്താ സംഭവിക്കുന്നത് ബുദ്ധിയിൽ സർവവും പ്രതീതമാണെന്നും സൃഷ്ടി ബാഹ്യമായി സംഭവിക്കുന്നു ആന്തരികമായി ബുദ്ധിയിലിത് പ്രതീതമാകുന്നു ഇതാണ് നമ്മുടെ സാധാരണ അനുഭവം അതാണ് ബുദ്ധി പരികല്പന എന്ന് പറയുന്നത് അല്ല നമ്മൾ സങ്കല്പിച്ചിട്ട് ഇവിടെ എന്തിനെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നു എന്നല്ല സങ്കല്പിച്ചാ ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം അങ്ങനെ വിശക്കുന്നവൻ അന്നെ സങ്കല്പിച്ചാ മതി അത് സംഭവിക്കത്തില്ല പക്ഷെ ബുദ്ധിയാകുന്ന ബോധമാകുന്ന ഈ കണ്ണാടിയിൽ ഇതെല്ലാം പ്രതീതമാകുന്നു അതിന് എന്താ വ്യത്യാസം കണ്ണാടിയും അവിടുത്തെ ബിംബവും കണ്ണാടി വേറെ പ്രകാശം വേറെ ബിംബം അങ്ങനെ നിൽക്കുന്നു അതാണ് ദൃഷ്ടാന്തത്തിൽ വരുന്ന വ്യത്യാസം കാണുന്നവൻ വേറെ ആ ഉപാധി കണ്ണാടി വേര് അവന്റെ പ്രതിബിംബം വേറെ അങ്ങനെ അവിടെ നിൽക്കുന്നു ഇവിടെ എന്താണ് ഇവിടെ നിഷ്ഠെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മനസ്സിലാകുന്നു യഥാമത് ഘടാധ്യാത അറി ഒരേ ഒരു വസ്തു ഒരു സത്ത് ആ സത്തിൽ തന്നെ ഈ പ്രണാമങ്ങൾ സൃഷ്ടി ആകുന്ന പ്രണാമം സംഭവിക്കുന്നു ആ സത്തിൽ തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരു കണ്ണാടിയല്ല ബുദ്ധിയാകുന്ന ഒരു കണ്ണാടി ബോധമാകുന്ന ഒരു കണ്ണാടി അതിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കുന്നു സൃഷ്ടിയും സ്ഥിതിയും സംഹാരങ്ങൾ സംഭവിക്കുന്നു സംഭവിക്കുമ്പോൾ അതിൽ നിന്നും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല ഈ വ്യാപാരങ്ങൾക്ക് കണ്ണാടിയുടെ മുമ്പ് ചത് എന്നിട്ട് അതിൽ നിന്നും മറിഞ്ഞിരിക്കുക അത് സാധ്യമല്ല കണ്ണാടിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രതിഫലിപ്പിച്ച് തന്നെ തീരാത എന്റെ സ്വഭാവമാണ് എന്തുകൊണ്ടും സ്വഭാവം എന്നേ പറയാൻ പറ്റും അങ്ങനെ സംഭവിക്കുക കണ്ണാടിന്റെ മുമ്പിൽ ചെല്ലുക അതിലേക്ക് നോക്കുക അത് പ്രതിഫലിപ്പിക്കാതിരിക്കും അവൻ്റെ യക്ഷിക്കഥകളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയും യക്ഷി കണ്ണാടിയുടെ മുമ്പ് വന്ന യക്ഷിയുടെ പ്രതിയുമ്പോൾ അതി പതിയത്തില്ലെന്ന് കുട്ടികളെ പേടിപ്പിക്കാൻ പറയും വാസ്തവത്തിൽ അങ്ങനെയല്ല എന്താണോ അതിനു മുമ്പിൽ ഒന്ന് അത് പ്രതിഫലിച്ചതിന് തീരും എന്തുകൊണ്ടാണ് അത് വരുന്നത് കാരണം ആ അതിലുള്ള പ്രതിബിംബത്തെ നമുക്കൊരിക്കലും കണ്ണാടിയിൽ നിന്ന് വേർതിരിക്കാനൊക്കത്തില്ല അത് കണ്ണാടിയുടെ തന്നെ സ്വഭാവമാണ് കാണുന്ന ഞാനതിന്റെ സ്വഭാവം എന്താ പക്ഷേ എന്റെ പ്രതിബിംബം അതിന്റെ സ്വഭാവമാണ് ഒരിക്കലും അതിൽ നിന്ന് വേർതിരിക്കാൻ പോയി അവിടെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിബിംബങ്ങളുണ്ടാകും ഇവിടെ ആകാശം കാണും സൂര്യനും ചന്ദ്രനും കാണും തന്റെ എല്ലാ പശ്ചാത്തലവും അവിടെ കാണും ഒന്നിനെയും അതിലൊന്ന് വേർതിരിക്കാൻ പോയി അതാണ് ഇവിടെ ഈ ബുദ്ധിയിൽ സംഭവിക്കുന്നത് ബുദ്ധിയിലെല്ലാം പ്രതീതമാകുന്നു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം പ്രതീതമാകുന്നു ബുദ്ധിയിൽ നിന്ന് അതിന് വേർതിരിക്കാൻ വയ്യ സത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ അതിനാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത് എന്താണ് യഥാമൃത് ഘടാദ്കാരേണ മൃത്ത് ഘടാതിരൂപത്തിൽ വരുന്നു അതിന് മൃത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ രജ്ജു അതി സർപ്പാധ്യാകാരേണ രജ്ജു സർപ്പ രൂപത്തിൽ പ്രതീതമാകുന്നു എല്ലാം എന്താണ് ബുദ്ധി പരികൽപിതേനോ ബുദ്ധി ാണ് രജിസർപ്പ ദൃഷ്ടാന്തത്തിന് പശുകൊണ്ടാണ് ജഗത്മിഥ്യ എന്ന് പറയുന്നത് ഇവിടെ ജഗത്മിഥ്യ എന്ന് പറയുന്നതിന് രണ്ട് ദൃഷ്ടാന്തം എടുക്കുകയാണ് എന്താണ് മൃത് ദൃഷ്ടാന്തവും രജിസർപ്പ ദൃഷ്ടാന്തവും രണ്ടുമുണ്ട് രണ്ടും കൂടെ ചേർത്ത് മിഥ്യാത്വം പറഞ്ഞു കഴിഞ്ഞാല് ആ മിഥ്യാത്വത്തിന്റെ താൽപ്പര്യം നമുക്ക് മനസ്സിലാവും ക്യാബിനറ്റ് ജഡ്ജി സർപ്പദിഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിദ്ധരിക്കും അവ സർപ്പമില്ലാത്തതാണ് അതുപോലെ പ്രപഞ്ചമില്ലാത്തതാണെന്നും ധരിക്കും പ്രപഞ്ചമില്ലാത്തതാണെന്ന് മിഥ്യാശബ്ദം പ്രയോഗിച്ചിട്ടുണ്ടോ എന്റെ അർത്ഥം അതല്ല അത്യം മനസ്സിലാക്കണ്ടായില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധം ഭാഷകാരൻ അത് പറയുന്നില്ല ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ബ്രഹ്മസത്യമാണ് ജഗത് മിഥ്യാണ് ഇല്ലാത്തതാണ് അങ്ങനെ പറയുന്നില്ല ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് ജഗത്ത് ഇല്ലാത്താണെന്ന് പറയുന്നില്ല പിന്നെ അത് പറയുന്ന ഇതാണെന്താണ് ബുദ്ധി പ്രതീതിയാണ് അത് പറയുന്നുണ്ടോ അതിൻ്റെ അർത്ഥം നമ്മൾ ധരിക്കുന്നുമല്ല ഇല്ല എന്നല്ല അതാണ് അടുത്ത് വ്യക്തമാകുന്നത് അസദൈവത്തർഹി അജ്ഞാനങ്ങളിൽ ഇതില്ലാത്തതാണെന്ന് കരുതിയാലോ അസത് ഇല്ലാത്തത് ബുദ്ധി എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിപ്പോ ഇല്ലാത്തതാണോ സർവം യൃഹ്യത സർപ്പാധ്യാകാരേണ എന്താ നിങ്ങൾ പറഞ്ഞത് രജ്ജു സർപ്പരൂപത്തിൽ കാണുന്നു അതുപോലെതേ സർവ ഗൃഹ്യതെ ഈ കാണുന്നതെല്ലാം എന്ത് ശബ്ദസ്പർശ രൂപ സുഗന്ധങ്ങൾ ഇതാണോ പ്രകൃതി പ്രപഞ്ചം നമ്മുടെ അനുഭവം ആണ് അസദൈവത്തർ ഹി ചോദ്യമാണ് പൂർവ്വക്ഷിയുടെ ചോദ്യമാണ് ഇതില്ലാത്തതാണെന്ന് പറഞ്ഞാൽ അല്ല അതൊക്കെ അടിവരായിട്ട് മനസ്സിലാക്കി വെക്കണം ശരിയല്ല ഇല്ലാത്തതല്ല മിഥ്യ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമില്ല പിന്നെന്താ പറയുന്നു സദൈവ ദ്വൈതഭേദ അന്യഥാഗൃഹ്യമാണ് അസത്വം ക്വചിത് ഇതി ബ്രൂമഹ പറയുന്നു ഞാൻ പറയുന്നു ആര് സങ്കരാജ ഭാഷ്യം പറയുന്നു ഞാൻ പറയുന്നു ഒന്നുകൂടി എന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോ ആൾക്കാർ തിരി ധരിക്കും പ്രപഞ്ചമില്ലാത്തതാണോ അതുകൊണ്ട് വൃത്തിയും പറയുന്നു ഞാൻ പറയുന്നു എന്നെന്തിനാ അങ്ങനെ വീണ്ടും പറയുന്നത് അഭിമാനം കൊണ്ട് പറയുന്നതല്ല നൂറ് തവണ പറഞ്ഞിട്ടും മനസിലാകുന്നില്ല പ്രപഞ്ചത്തെ കുറിച്ച് അദ്വൈതിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പലതവണ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നത് തത്വത്തെ ശരിയായി ഗ്രഹിക്കാനാണ് പക്ഷെ അവിടെയെല്ലാം ഭ്രമമുണ്ടാകുന്നു അല്ലെ ഭാഷ മനസ്സിലാക്കാത്തോണ്ട് പ്രകൃതഗ്രന്ഥങ്ങൾ എഴുതിയപ്പോ മനുഷ്യന് തലതിരിഞ്ഞു എന്ന് പറയുന്നതുപോലെയാണ് തത്വം നേരിട്ട് പറയുമ്പോ അത് മനസ്സിലാകാത്തുള്ള ദൃഷ്ടാന്തം പറയും അത് വീണ്ടും ആശയക്കുഴപ്പത്തിലെത്തി അതുകൊണ്ട് പറയുന്നു വയം ബ്രഹ്മ ഞാനിതാ ഇത് വീണ്ടും പറയുകയാണ് എന്താണ് കസ്യജിത് കൊച്ചി ഒരു സ്ഥലത്തും ഒന്നും നാസത്വം ഇവിടെ അത് പ്രത്യേകം പറയുന്നു ഒന്നിന്റെയും ഇല്ലായ്മ പറയാൻ കഴിയില്ല ഒരിടത്തും ഇല്ലായ്മ പറയാൻ കഴിയത്തില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കും മുമ്പ് സൃഷ്ടി നടക്കുമ്പോൾ സൃഷ്ടിക്കു ശേഷം ഇങ്ങനെയല്ല ഈ സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പിച്ചാലും ശരി സൃഷ്ടിക്കുമ്പല്ലേ ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഇനി സൃഷ്ടിയൊക്കെ അവസാനിക്കുമ്പോ ഇല്ലാതാകത്തില്ലേ അതുകൊണ്ട് പറയുന്നു കസിത്വസത്വം ഞാൻ ഇല്ലായ്മയെ പറയുന്നില്ല അങ്ങനൊന്നല്ല ഇല്ലായ്മ പറയുന്ന മറ്റു പലരുമുണ്ട് ഇല്ലായ്മ എന്ന് പറയുന്നവരുണ്ട് ശൂന്യം എന്ന് പറയുന്നവരുണ്ട് മറ്റെന്തോ ധാരണയായി അന്യതാഗ്രഹ്യമാണത്വാ എന്തുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല അവന് പറയുന്നു സതയവ ദ്വൈതഭേദേന അന്യഥാഗൃഹമാണ് ഇവിടെ പലത് കാണുന്നില്ലെന്നും ഞാൻ പറയുന്നില്ല കാണുന്നതല്ല ഇവിടെ ഉണ്ടായി നശിക്കുന്നില്ലെന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും പറയുന്നില്ല ഉണ്ടാവുന്നുണ്ട് നശിക്കുന്നുണ്ട് പലതായി കാണുന്നുണ്ട് ഭാവമുണ്ട് അഭാവമുണ്ട് ഇതെല്ലാം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇതെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ അസത്വം ഇല്ലായ്മ പറയുന്നുണ്ട് എന്തുകൊണ്ട് സതയേവ ഇതെല്ലാം സത്താണ് അതുകൊണ്ടാണ് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത സതയേവ ദ്വൈതഭേദേന അന്യഥാഗ്രഹ്യമാണ് പറയുന്നതിന് യുക്തി പറയുന്നു എന്തുകൊണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല അല്ല ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇതെല്ലാം സത്താണ് സത്താണ് ദ്വൈത ഭേദേന ദ്വൈതഭേദം ഞാൻ നീ എന്നിങ്ങനെ ഈ അനുഭവപ്പെടുന്നതല്ല സത്താണ് അങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അന്യഥാഗ്രഹീമാണ് അത് സംബന്ധ അന്യഥാഗ്രഹണമുണ്ട് സത്തിനെ സത്തായി ഗ്രഹിക്കുന്നില്ല സത്തിനെ നാമരൂപമായി ഗ്രഹിക്കുന്നു അപ്പം നാമരൂപമായി ജയിക്കുന്ന സർവവും സത്ത് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഇതിനെ നിഷേധിക്കാമ്യ എങ്ങനെ നിഷേധിക്കൂ പറയുന്നത് നായും സർപ്പം രജ്ജു എന്ന് പറയുന്നുണ്ടല്ലോ നോക്കി സർപ്പമല്ല ഇത് രജ്ജു ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ സർപ്പത്തെ നിഷേധിച്ചില്ല അപ്പൊ സർപ്പം ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും നിഷേധത്തിന്റെ താല്പര്യം എന്താണ് ശബ്ദം അങ്ങനെ പറയുന്ന സർപ്പത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം എന്താണ് അതിനടുത്ത് പറഞ്ഞു ഹു നിഷേധത്തിന്റെ താല്പര്യം എന്താണ് സർപ്പത്തെ രജ്ജുവായി അംഗീകരിക്കുകയാണ് രജ്ജുവാണോ അതാണ് അതിനുവേണ്ടിയാണ് നിഷേധിച്ചത് സർപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം അത് രജുവായും നനനിൽക്കുന്നു എന്നാലും അവിടെ എന്തിനോ നിഷേധിച്ചല്ലേ പ്രതീതി നിഷേധിച്ചല്ലേ സർപ്പ പ്രതീതി അവിടെ ഒരു നിഷേധം വന്നല്ലേ ഈ പ്രപഞ്ചം പ്രപഞ്ചാനുഭവം ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരാനുഭവം ഇതൊന്നും ഇല്ലെന്നല്ലാ പറയുന്നു ീ പ്രതീതി ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഈ സത് എന്നാണ് പറയുന്നത് നമ്മുടെ ചോദ്യം എന്നതിനെ സംബന്ധിച്ചാണ് എന്താണ് ഈ സർപ്പം അതാണ് ചോദ്യം ഈ കാണുന്ന സർപ്പം എന്താണ് അല്ലെങ്കിൽ ചോദിക്കുന്നു നിങ്ങൾക്കൊരു പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകീ സർപ്പാനുഭവം എന്തായിരുന്നു സർപ്പാനുഭവം പറയുന്നത് രജു തന്നെയാണ് അങ്ങനെ അനുഭവം ഉണ്ടായില്ലെന്ന് പറയുന്നു പറയുന്നില്ലല്ലോ അനുഭവം ഉണ്ടായി സംബന്ധിച്ചു പ്രപഞ്ച പ്രതീതി ഇല്ലെന്ന് പറയുന്നു പക്ഷെ അത് സത്താണോ ഈ പ്രതീതി സത്താണെങ്കിൽ ഇതിനെ അസത്ത് എന്തങ്ങനെ വിളിക്കാൻ പറ്റും ശബ്ദം അങ്ങനെ പ്രയോഗിക്കാൻ പറ്റും പക്ഷേ അതിന്റെ താല്പര്യം അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് സത്തിലാണ് നിഷേധത്തിലല്ല നിഷേധിക്കാൻ പറ്റും പക്ഷേ ജഗന്മിഥ്യം നമ്മൾ നിഷേധത്തിന് പ്രാധാന്യമുള്ളത് അവിടെയാണ് തകരാറുള്ളത് ആ നിഷേധത്തിന് വേണ്ടിയല്ല അത് പറഞ്ഞു ജഗന് മിഥ്യ എന്ന് പറയുന്നത് ജഗത്തിന്റെ ഇല്ലായ്മ ശൂന്യതയെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ല പറയുന്നത് മറച്ചത് ജഗത്തിന്റെ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടുണ്ട് ജഗത്തിന്റെ തത്വം ഇന്നതാണ് അസത്താണ് അതുകൊണ്ട് ആണ് പറയുന്നത് ദ്വൈതഭേദന അന്യതാഗ്രഹ്യമാണ് ഇവിടെ അന്യതാഗ്രഹണം ഉള്ളത് ഞാൻ സമ്മതിക്കുന്നു ജാഗ്രത ഉണർവുന്നവരും ഇവിടെ പലതും കാണുന്നുണ്ട് പക്ഷെ ഇതെല്ലാം എന്താണ് സത് അസത്തല്ല അസത്ത് തന്നെയാണ് എന്നാലും അദ്വൈതം ശരിയാകും അല്ല പറയാണ് ഇതൊക്കെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അത് ദ്വൈതമാകും എന്തുകൊണ്ട് സത്തെന്ന് പറയുന്ന ഒന്നുണ്ട് അസത്തെന്ന് പറയുന്ന രണ്ടാമതൊന്നുണ്ട് ആ രണ്ടാമത് വന്ന് അസത്തനെ നിഷേധിച്ചു അദ്വൈതമാണ് അസത്തിനെ നിഷേധിച്ചാലും നിഷേധിച്ചില്ലെങ്കിലും ദ്വൈതം വരും മറിച്ച് സത്ത് മാത്രമേ ഉള്ളൂ പറഞ്ഞാലാണ് അദ്വൈതം വ്യത്യാസം വരുന്ന ഇതാണ് എന്താണെങ്കിലൊരു പ്രതീതി പ്രതീതി ഇവിടെ നാമരൂപം കൊണ്ട പ്രതീതിയാണ് അതിനെ സത്തായി ഗ്രഹിക്കാൻ കഴിയുന്നല്ല അതിന് സമാധാനം അടുത്ത പോലെ ആ പ്രപഞ്ചം അസത്തല്ല ഇല്ലാത്തതല്ല പക്ഷെ എന്താണോ അന്യഥാഗ്രഹണത്തിൽ ഈ ബുദ്ധി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് അസത്ത് തന്നെയാണ് കണ്ണാടിയിൽ എന്താണോ പ്രതിബിംബരൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ണാടി തന്നെ വേറെ കണ്ണാടിയിൽ നിന്ന് ആ പ്രകാശത്തോടു ആ കണ്ണാടിയിൽ നിന്ന് വേറിട്ടവിടെ എന്തെങ്കിലും ഉണ്ടോ പ്രതിബിംബം എന്താണ് അത് കണ്ണാടിയാണോ മറ്റൊന്നും കണ്ണാടിയിൽ നിന്ന് വേറെ ഒരു പ്രതിബിംബം ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാൻ ഏതെങ്കിലും ഒരു ശില്പിക്ക് സാധ്യമാകും അതുപോലെ ഈ പ്രതീതി ബുദ്ധിപ്രതീതി ഇതിനൊന്നും വേർതിരിച്ച് കാണിക്കാൻ സാധ്യമുണ്ടാകും ആ പ്രതീതിയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സ്ഥൂലത ദൈർഘ്യം ഘനം വിവിധ മാനങ്ങൾ ഇതെല്ലാം എന്താണ് ഇത് എല്ലാം ഈ പ്രതീതി ഭാവങ്ങളാണ് അതെല്ലാം എന്താണ് ആ സത്ത് തന്നെയാണ് ആ കണ്ണാടി തന്നെയാണ് ബോധം തന്നെയാണ് സഥൈ ധേദന അനധൃമാണ ഓസ്യം ബ്രുണസിധനം പരികൾപ്പനഃ തെ പ്രധും സ ഊർദ്ധം അസത്വം ബ്രൂവത്തെ താർക്കു അയം അഭിയം വസ്തു പരികൾയത നിങ്ങൾ നിഷേധിക്കുന്നതോ സർപ്പം ഉണ്ടാവുന്നത് അപ്പൊ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിക്കുന്നത് രജുവിൽ നിന്ന് വേറിട്ടൊരു സർപ്പം ഉണ്ടായി ആ സർപ്പം ഇല്ലായാലും ഞാൻ പറയുന്നു എന്നാണ് ധരിക്കുന്നത് അങ്ങനെയല്ല പക്ഷെ ഇത് ബുദ്ധിയുടെ പ്രതീതിയാണെന്ന് ധരിച്ചില്ലെങ്കിൽ ഇതുപോലെയൊക്കെ വരും അത് ഇതുപോലെ ഒരു ഉദാഹരണം പറയുന്നു വൈശേഷികന്മാരെന്താ പറയുന്നത് യഥാ സന്യ വസ്തുധരം പരിക്കൽപ്പിക്ക അവര് പറയുന്നു ഒരു വസ്തുവിടെയുണ്ട് ആത്മാവിൽ നിന്നും വേറിട്ടൊരു വസ്തു ബോധത്തിൽ നിന്നും വേറിട്ടൊരു വസ്തു അങ്ങനെയൊരു വസ്തുവുണ്ട് സത്തിൽ നിന്നും വേറിട്ടൊരു വസ്തുവുണ്ട് ഉദാഹരണപാത്രത്തിൽ തന്നെ എടുക്കാം പാത്രം എങ്ങനെയാണ് സത്താവുന്നത് അത് കുലാലൻ ഉണ്ടാക്കിയല്ലേ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതില്ലായിരുന്നു ഉണ്ടായി നശിച്ചപ്പോഴും അതില്ല കാരണം സത്വം അന്യം തസീവ പ്രാഗുത്പത്തി ഉത്പത്തിക്ക് മുമ്പ് നാശത്തിന് ശേഷം അസത്വം പ്രവതയില്ല എന്ന് പറയുന്നു ഈ അസത്വം പറയുന്നത് ദ്വൈതികളാണ് വൈശേഷികന്മാരെ പോലെയുള്ള അവർ പറയുന്നു ഒരു വസ്തു ഉണ്ടാകുന്നതിനൊന്നുമ്പോൾ അതിന്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു ഉണ്ടായി നശിച്ചതിന് ശേഷം അതിന്റെ ഇല്ലായ്മയുണ്ട് കാണുമ്പോൾ അത് നിലനിൽക്കുന്നു അസ്തിത്വമുണ്ട് ഇതെല്ലാം പറയുന്നു ജഗന്നിഥ്യെന്ന് പറഞ്ഞ ആ അർത്ഥത്തിലല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതില്ലാതിരുന്ന അർത്ഥത്തിലല്ല പറയുന്നു താർക്കികഹ നസ്മാവി ഞങ്ങളതുപോലല്ല പറയുന്നത് അഭിതാനം അഭിതേയുമൽപ്പേ അതുകൊണ്ട് കഥാചിത് ഒരിക്കലും ക്വചിത് ഒരിടത്തും എന്ന് വെച്ചാൽ ഈ ബാഹ്യമായി കാണുന്ന ഈ നിഷ്ടാന്തങ്ങളിലോ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കു ശേഷമോ ഒരു സ്ഥലത്തും ഒരു കാലത്തും സദോ അന്യ ഈ പറയുന്ന സത് നിന്ന് അന്യമായി അഭിദാനം അഭിജേയം വ ശബ്ദമോ അതിന്റെ അർത്ഥമോ വസ്തു എന്ന പരിഗണിച്ചേ ഞങ്ങൾ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചാൽ പറയാം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഇല്ലായിരുന്നോ അതൊക്കെ ചിന്തിക്കാം അങ്ങനെ ഒന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നേ സത്യം നിന്ന് അന്യമായിട്ടൊന്നും സ്വീകരിക്കുന്നില്ല ഇതെല്ലാം പ്രതീതമാകുന്നുണ്ട് കണ്ണാടിയുടെ പ്രതിഭ അത് കണ്ണാടി തന്നെ ആയിരിക്കുന്നത് രജ്ജുവിന്റെ പ്രതീതി അത് രജ്ജു തന്നെ ആയിരിക്കുന്നത് പോലെ ശബ്ദവും രൂപവും പ്രപഞ്ച അനുഭവത്തെ അങ്ങനെ അഭിദാനവും അഭിഥേയോ ഇത് നമുക്ക് തോന്നുന്നു ഇതൊക്കെ പലതാണ് പല രൂപത്തിനും പല സ്വഭാവത്തിനും ഉള്ളതാണ് ശബ്ദത്തിന്റെ സ്വഭാവം വേണം സ്പർശം വേറെ രൂപം വേറെ രസം വേറെ ഗന്ധം വേറെ ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അഭിദാനങ്ങളും അഭിഥേയങ്ങളും പലതു പോകുന്നത് ശബ്ദവും ഇതെല്ലാം എന്താണോ സത്ത് തന്നെയാണ് സത്ത് എന്ന് നന്യമായി സ്വീകരിക്കുന്നില്ല ഇതെല്ലാം ബുദ്ധിയിലെ പ്രതിബിംബമാണ് ബുദ്ധിയിലെ പ്രതീതിയാണ് പ്രതിബിംബം എന്നൊക്കെ പറയുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബം പോലെ എന്താ കണ്ണാടിയിലെ പ്രതിബിംബത്തിന് എന്ത് ഒരു ബിംബം വേണം ഒരു ബിംബത്തെ അപേക്ഷിച്ച് പ്രതിബിംബം വരും ഇതതുപോലെ ബുദ്ധിയിലെ പ്രതീതി എന്ന് പറയുമ്പോൾ നിർനിമിത്തം അതിന്റെ നിമിത്തമൊന്നും ആവശ്യമില്ല അതതിന്റെ സ്വഭാവമാണ് ബുദ്ധി സർവത്തെയും പ്രതിഫലിപ്പിച്ച് നിൽക്കുന്നു ഇവിടെയുള്ള ബിംബത്തെയും പ്രതിബിംബത്തെയും സർവത്തെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നു അതിന്റെ സ്വഭാവം എന്ന് പറയാം അതാണ് ജാഗ്രത ആ സുഷൃത്തിയിൽ ഈ ബിംബ പ്രതിബിംബഭാവം ഒന്നുമില്ല ജാഗ്രതയിലേക്ക് വരുമ്പോൾ ബുദ്ധിയിൽ ബിംബ പ്രതിബിംബഭാവങ്ങളെല്ലാം കിടന്നു വന്നു പ്രതീതി അതെന്തെല്ലാം അവിടെ പ്രതിബംബിക്കുന്ന അതെല്ലാം ബുദ്ധി ബോധം തന്നെ ആ സ്വത്ത് തന്നെയാണ് അതുകൊണ്ട് രണ്ടാമതൊന്നിനെ അംഗീകരിച്ചാൽ അതിനെ പറയാൻ പറ്റും അംഗീകരിക്കാത്ത ഒന്നിനില്ല എന്നിങ്ങനെ പറയാം രാമൻ ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ രാമന് ഇല്ലെന്നങ്ങനെ പറയാൻ പറ്റും ജനിച്ചതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റും ഉണ്ടോ ഇല്ലയോ ആ ഇപ്പം ആൾ മരിച്ചുപോയി ഇപ്പം നിലവിലില്ല ഒന്നുമ്പില്ലായിരുന്നു ഇപ്പം ജനിച്ചതേ ഉള്ളൂ ഇതെല്ലാം ജനിച്ചതിന് ശേഷമല്ലേ നമ്മൾ പറയുന്നത് ഇല്ലാത്ത രാമനെ കുറിച്ച് വല്ലതും പറയാൻ പറ്റും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പ്രപഞ്ചം ഇല്ല എന്ന് പറയണമെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവണം സത്ത് തന്നെയാണ് സത്ത് നിന്ന് വേറിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രപഞ്ചത്ത് നിഷേധിക്കുന്നില്ല പ്രതീതി അംഗീകരിക്കുന്നുണ്ട് അത് അംഗീകരിച്ചു വിട്ട് വേണം അതെനിക്ക് അനുഭവമാണ് ജാഗ്രത സ്വപ്നങ്ങൾ എനിക്ക് അനുഭവമാണ് ഈ പ്രതീതി എനിക്ക് നിഷേധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്തെല്ലാം അനുഭവമാവുന്നുണ്ടോ അതെല്ലാം ആ സ്വത്ത് തന്നെയാണ് സദൈവത്വ സർവം അഭിധാനം അഭിതീയത അന്യബുദ്ധ്യ എന്താലും ചോദ്യം വരും എന്നാലും ഈ കാണുന്നതൊക്കെ എന്താ അങ്ങോട്ട് ബോധ്യപ്പെടുത്തുന്നു തത്വം എന്താണെന്ന് ഗ്രഹിക്കാനേ ശങ്കരായിട്ട് പറയുന്നു തത്വത്തെ ബോധ്യപ്പെടുക പക്ഷെ ചോദ്യം വരും മനസ്സിൽ അതങ്ങനെ ശരിയാവും വീണ്ടും ചോദ്യം വരുന്നു എന്നാലും ഇതെന്താണ് പറയുന്നു അത് മുമ്പ് പറഞ്ഞാലേ ഇവിടെ പറയുന്നത് സദേവത്തു സർവം അഭിധാനം അഭിതീയത അന്യബുദ്ധ്യ പിന്നെ ഈ പ്രതീതികളെല്ലാം ഉണ്ടാകുന്നത് നേരത്തെ വേണ്ട അന്യഥാഗ്രഹണം അതുകൊണ്ട് അന്യഥാഗ്രഹണം കൊണ്ട് എല്ലാം സംഭവിക്കുന്നു ശുദ്ധമാണ് പക്ഷെ ശുദ്ധമായ കണ്ണാടി നമുക്ക് കാണാൻ കഴിയാത്ത പോലെ ഈ പ്രതീതി ഇല്ലാത്ത ബോധത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല പ്രതീതി കൂടി കാണാൻ പറ്റത്തുന്നു കണ്ണാടിയെ നമ്മൾ കാണുമ്പോൾ നമ്മളെ പ്രതിബിമ്പവിടെയുണ്ട് പക്ഷെ നമ്മൾ പരിഗണിക്കാത്ത ഒരു പ്രതിബിമ്പുണ്ട് പ്രകാശത്തിൻ്റെ പ്രതിബിംബം നമ്മൾ ശ്രദ്ധിക്കാൻ കണ്ണാടി പ്രകാശത്തെ പ്രതിബിംബിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രതിബിംബം അവിടെ കാണുന്നത് അതെന്റെ സ്വഭാവമാണ് പ്രകാശത്തെ അത് പ്രതിബിംബിക്കും അതുകൊണ്ടത് നമ്മളെയും പ്രതിബിംബിക്കുന്നു കാണുന്നവനെ പ്രതിബിംബിക്കുന്നു എന്താ അത് അതിന്റെ സ്വഭാവം എന്നെ പറയാൻ പറ്റും ഈ ബുദ്ധിയുടെ സ്വഭാവമാണത് ഈ അന്യഥാഗ്രഹണം ഈ പ്രതിബിംബഗ്രഹണം അതതിന്റെ സ്വഭാവമാണ് അതൊരു നല്ല സ്വഭാവമല്ലോ ദോഷമില്ല കണ്ണാടി സംബന്ധിച്ചിടത്തോളം പ്രതിബിംബം അതിന് ദോഷം ചെയ്യുന്നില്ല കണ്ണാടിയെ ഉടച്ചു കളയുന്നില്ല കണ്ണാടിയിൽ എന്തെങ്കിലും മാലിന്യത്തെ കൊണ്ടുവരുന്നില്ല അതിന്റെ സ്വച്ഛതയൊക്കെ എടുത്ത് കളയുന്നില്ല പ്രതിബിംബത്തിന് എന്തെങ്കിലും കഴിയും അതിന് സ്പർശിക്കാനേ കഴിയില്ല എന്നാൽ സർവീ കാണിക്കുകയും ചെയ്യും പ്രതിബിംബത്തിനതിനെ അഗ്നിയുടെ പ്രതിബിംബമായ ശരി അതിനെ ചൂടാക്കത്തില്ല ദഹിപ്പിക്കത്തില്ല ജലത്തിന്റെ പ്രതിബിംബം തണുപ്പിക്കത്തില്ല നൈനൻ ചിന്ത ശസ്ത്രാണി എന്ന് പറഞ്ഞത് ആയുധങ്ങളുടെ പ്രതിബിംബം അതിനെ മുറിവിയൽപ്പിക്കത്തില്ല അതുപോലെയാണ് ചിപ് പ്രതിബിംബം അത് ഈ പ്രതീതി ഇതിനെ സ്പർശിക്കുന്നില്ല ഇതിന്റെ സ്വച്ഛതയെ അത് നശിപ്പിക്കുന്നില്ല ഇതിന്റെ സത്വത്തെ അതിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല നശിപ്പിക്കാൻ കഴിയാത്തടത്തോളം കാലം ഇവിടെ അസത്വം എവിടെ നിന്ന് വരും പ്രതിബിംബം കൊണ്ട് കണ്ണാടി അഴുക്കായിരുന്നെങ്കിൽ പ്രപഞ്ചപ്രതിവിധികൊണ്ട് ബോധത്തിന് എങ്ങനെ ബന്ധനം വരും എങ്ങനെ സംസാരം വരും അത് വരാത്തോണ്ടാണ് ഇതിനെ നിത്യമുക്തമെന്ന് പറയുന്നു അതുകൊണ്ടാണ് ശങ്കരാചര് പറയാത്തത് നീ നിത്യമുക്തിക്ക് വേണ്ടി നീ അത് ചെയ്യ് ഇത് ചെയ്യും പറയാ എന്ത് ചെയ്യാലോ എന്തെങ്കിലും നിന്നിട്ട് ആപ്പതി മുൻപത്തി ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറയും എന്ത് ചെയ്താലോ കണ്ണാടി തന്നെ ഉടച്ചാ പറ്റും ഉടച്ചാലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് സദൈവത്വ സർവോ അഭിതാനോ വിതയതേ ഈ സർവം സത്ത് തന്നെയാണ് ഇത് അന്യബുദ്ധിയാ ഈ പ്രതീതി കൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നു അതുകൊണ്ടിവിടെ ഒന്നിനും നിഷേധിക്കാനില്ല പ്രതീതിയിൽ നമ്മൾ ശബ്ദം പ്രയോഗിക്കുന്നു രൂപം കാണുന്നു ഇത്രയേ ഉള്ളൂ ഈ ശബ്ദം സത്തിൻ്റെ ശബ്ദമാണ് ഈ രൂപം സത്തിന്റെ രൂപമാണ് അതറിയാൻ കഴിയുന്നില്ല ഉദാഹരണം പറയുന്നു രജ്ജരേഖത സർപ്പബുദ്ധ സർപ്പൈത്യവിധീയത ഈ ഉദാഹരണത്തിന്റെ ആ മറവ് മനസ്സിലാക്കിയില്ലെങ്കിൽ മഹാബുദ്ധം വരും വലിയ ബുദ്ധം പറ്റും രജ്ജുദേവ സർപ്പബുദ്ധ്യ അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ബോധമുണ്ട് പ്രതീതിയുണ്ട് അതുകൊണ്ട് നമ്മൾ ശബ്ദവും പ്രയോഗിക്കുന്നു സർപ്പബുദ്ധ്യ സർപ്പവിധാനം സർപ്പജ്ഞാനം കൊണ്ട് സർപ്പ ശബ്ദം ഇത് രണ്ടും വരും നാമരൂപം എന്ന് പറയുന്നത് അവിടെ രജിവല്ലേ ഉള്ളൂ നിഷേധിക്കാൻ എന്താ അവിടെയുള്ള അല്ല ഇല്ല എന്നെല്ലാം പറയാം രണ്ടാമത് ഉണ്ടായിട്ടില്ലേ നിഷേധിക്കാൻ പറ്റും നിഷേധിക്കുന്നില്ല പ്രപഞ്ചവസത്തല്ല പ്രപഞ്ചസത്യമാണ് എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുകയാണ് സർവം കൽവിതം ബ്രഹ്മ എന്ന് പറയുന്നത് എന്താ എൻ്റെ താല്പര്യം ബോധിപ്പിക്കുന്നത് നേഹ നാനാർത്ഥിക്കും ജന എന്താ എന്റെ താല്പര്യം ബ്രഹ്മസത്യം ജഗന്മീത്യ എന്താ എന്റെ താല്പര്യം നമ്മൾ ധരിക്കുന്ന അല്ല അത് വീണ്ടും വീണ്ടും അതിനാവർത്തിക്കുന്നു മനസ്സിലാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രജ്ജുദൈവ ഇപ്പോഴാണ് പിടികിട്ടിയത് എന്താ പറഞ്ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം പിടികിട്ടിയാൽ പിന്നെന്തും ചെയ്യാനില്ല അതാണ് ഇതിന്റെ രഹസ്യം പിടികിട്ടുന്നതുവരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതാണ് നമ്മുടെ അനുഭവം ർപ്പബുദ്ധ്യ സർപ്പിത്യവിധീയത യഥാവാ എങ്ങനെയാണോ പിണ്ട ഘടാതി ഒന്നും ചെയ്യാതിരിക്കാനോ പഠിക്കേണ്ടത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്താണ് അത് പ്രകൃതിയുടെ സ്വഭാവമാണ് ഞാനത് ബാഹ്യമായ അർത്ഥത്തിലല്ല പറയും തമിഴില് പറയും ചുമ്മാതിരിക്കുന്ന വ്യക്തിയെന്ന് തമിഴിനെ ഞാൻ മലയാളത്തിലാക്കി പറയുന്ന ഈ അദ്ദേഹം പറയുന്നത് ചുമ്മാതിരിക്കുന്ന വ്യക്തി അപ്പൊ അവിടെ പിന്നെ എന്താ ചെയ്യുന്നത് ഇവിടെ ചെയ്യാനൊന്നുമില്ല പിന്നെ ബാഹ്യമായ പ്രവൃത്തി അത് ചെയ്യാതിരിക്കാനൊട്ടൊക്കത്ത അത് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും അതാർക്കും ചെയ്യാതിരിക്കാൻ പറ്റില്ല മഹാമൂഢനും മഹാ അലസനും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഉറങ്ങിയെങ്കിലും ചെയ്യേണ്ടി വരും പ്രവൃത്തിയിൽ നിന്നൊരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല മാറ്റിവെക്കാം ഒന്നു ചെയ്യുന്നതിന് വേറെ മറ്റൊന്നുമാരും ചെയ്യാം മറ്റതാണെങ്കിലോ ഒന്നും ചെയ്യാനുമില്ല സർപ്പബുദ്ധിയ സർപ്പ് അഭിധിയതേ യഥാവാ പിഡഘഘടാതെ മൃദോ അന്യബുദ്ധ്യ പിണ്ടഘടാതി ശബ്ദേന വിധീയത ഒരന്യഥാഗ്രഹന സംഭവിച്ചു ഇത്രയുള്ളൂ ആ സ്വച്ഛതയിൽ ഒരു പ്രതിബിംബം സംഭവിച്ചു എന്നാണ് അത് എന്താ എങ്ങനെ എന്തുകൊണ്ട് എങ്ങനെയാണോ പ്രതിബിംബം അനുവചനീയമായിരിക്കും നിർവചിക്കാൻ കഴിയാത്തത് അതിലെ ഈ ചോദ്യം ഇതിന്റെ ഉത്തരങ്ങളും എല്ലാം അനർവചനീയമാണ് നിർവചിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അത്രയും വെഡി ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയേണ്ട കാര്യമുണ്ട് തത്വത്തെ ഗ്രഹിച്ചാൽ മതി സർപ്പബുദ്ധ സർപ്പ കിണ്ടഘടാദി മൃദോ അന്യബുദ്ധിയ പിടാദികൾ ആന്യതാഗ്രഹങ്ങളും കൊണ്ടത് എന്താണ് ഇതൊരു വസ്തുവാണ് രണ്ടിനും ഒരേ സ്ഥാനമാണുള്ളത് ഇത് തന്നെ ആൾക്കാർ ഇതാണ് നമ്മുടെ സർപ്പത്തിന്റെ പ്രതീതി ഉണ്ടായി സർപ്പം ഇപ്പൊ കാണുന്നില്ല വ്യത്യാസമില്ലെന്ന് യോഗി ഭ്രാന്തി ഉള്ളടുത്ത് പ്രതീതി അങ് പോയി ഇവിടെയാണെങ്കിലോ മൃത്താണെന്ന് ബോധിച്ച് ബോധിച്ചിട്ടും പ്രതീതിയുണ്ട് അങ്ങനെ ഒരു വ്യത്യാസമില്ലെന്ന് യോഗം വൃത്തൻ ബോധിച്ചതിന് ശേഷവും പാത്രം കാണുന്നുണ്ട് പാത്രം കൊണ്ട് വെള്ളമെടുക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സർപ്പമെന്നുള്ള പ്രതീതി മാറിക്കഴിഞ്ഞാൽ പിന്നെ സർപ്പം കടിക്കുന്നുണ്ട് കടിക്കാനൊന്നും അവിടെ കാണുന്നില്ല പണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല പ്രതീതികളിലെല്ലാം വ്യത്യാസമുണ്ട് ശബ്ദ പ്രതീതിയല്ല രൂപപ്രതീതി രൂപപ്രതീതിയല്ല രസപ്രതീതി അതല്ല ഗന്ധപ്രതീതി ഭാവപ്രതീതി അഭാവപ്രതീതി ഇതെല്ലാം പ്രതീതിയിൽ വൈദ്യുതി ഉണ്ട് വന്യതാഗ്രഹണത്തിൻ്റെ എല്ലാ പ്രതിബിംബങ്ങളും ഒരുപോലെയല്ല കൊണ്ണാടിയിലേക്ക് നാനാ തരത്തിലുള്ള പ്രതീതികളാണ് ഉണ്ടാവുന്നത് അപ്പൊ പ്രതീതിയല്ല ഒന്നല്ല പറയുന്നത് പ്രതീതിയിൽ വൈദ്യുതി പലതരത്തിലുണ്ട് പക്ഷെ തത്വത്തിൽ വൈദ്യുതി തത്വം രണ്ടെടുത്ത് ഒരുപോല ഇത് മൃത്താണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റ് എന്തോ ആണ് എന്നുള്ള ആ ഭ്രമം മാറി അതിന് വേറിട്ടൊരു വസ്തുവാണെന്നുള്ള ഭ്രമം മാറി അവന് ദ്വൈത അഭിനിവേശം സുത അഭിനിവേശം എന്നിവിടെ പറയും അതാണ് ഇവിടുത്തെ പ്രശ്നം തത്വം മനസ്സിലാക്കിയതിനെ സംബന്ധിച്ചതല്ല ഒരു പഞ്ചസാര കൊണ്ട് രണ്ട് മിഠായി ഉണ്ടാക്കി ഒന്ന് പശുവിന്റെ രൂപത്തിൽ ഒന്ന് കുതിരയുടെ രൂപത്തിലുണ്ടാക്കി ഉണ്ടാക്കുന്നയാളെന്നറിയാം രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല ഒരേ തൂക്കം ഒരേ ഗുണം ഒരേ സ്വാദ് അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തത്വത്തിലൊരു വ്യത്യാസം അയാളത് രസിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ രസത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കി വന്ന സമ്മതി പക്ഷെ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഒരാൾ പറയും എനിക്ക് അപ്പുതരേ തന്നെ വേണം വേറൊരാൾ പറയും എനിക്ക് പശുവിനെ തന്നെ വേണം മറ്റേ വേണ്ട ഒന്നിനെ തട്ടിയെറിയും ഒന്നിനെ സ്വീകരിക്കും അപ്പോ എന്താണ് അ പഞ്ചസാര എന്നുള്ള ബുദ്ധി കൂടുതലായിട്ട് എന്തോ ഒരു ബുദ്ധി അവിടെ വന്നു ഒന്നിനോട് ഇഷ്ടവും ഒന്നിനോട് അനിഷ്ടവും തോന്നുന്നു ആ രൂപത്തിലൊരു വിശേഷ താല്പര്യമാണ് ദ്വൈത അഭിനിവേശം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് അതില്ല അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് അത് കഴിക്കുക അന്റെ രസം ആസ്വദിക്കുക ഇത്ര മാത്രമേ കഴിക്കുന്നതിനും രസത്തെ ആസ്വദിക്കുന്നതിനും യാതൊരു ഭേദമില്ല രണ്ടിൽ ഈ ദ്വൈദപ്രപഞ്ചത്തിൽ തത്വഗ്രഹണത്തിൽ ഒരു ഭേദമില്ല ഏതിനും ഒരേ തത്വം തന്നെ ഗ്രഹിക്കുന്നു അതിന്റെ തത്വത്തെ അറിയുന്നു പക്ഷെ ശിശുവിനെ സംബന്ധിച്ചോ ബാലനെ സംബന്ധിച്ചോ അവൻ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു ഒന്നിനുവേണ്ടി പിടിക്കുമ്പോൾ വേറെ ഒന്നിനെ വിദ്വേഷിക്കും ദുരിത അഭിനിവേശം പറയും ഇത് ഈ പ്രതീതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതീതമാവില് അങ്ങനെ എന്തുകൊണ്ട് അഭിനിവേശം വരും അത് ബാലന്റെ ഉദാഹരണം വിവേക ശൂന്യത കൊണ്ട് അത് സംഭവിക്കുന്നു വിവേകം വന്നു കഴിഞ്ഞാൽ അവനിലീ ദ്വൈതാഭിനിവേശം ഇല്ലാതാവും ദ്വൈതാഭിനിവേശം ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്ന് വേണം മറ്റൊന്നു വേണ്ട അങ്ങനെ ഒരു യുദ്ധത്തിന്റെ ആവശ്യം അവിടെ ഇല്ല ഒന്നിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കുക മറ്റുള്ളതിനെ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക രണ്ട് സംഭവങ്ങളില്ല എന്ന ദ്വേഷ്ഠി ഇന്ന കംഷതി ശിശു അത് ചെയ്യുന്നുണ്ടല്ലോ ശിശു ചെയ്യുന്നതുപോലെ വിവേകി അത് ചെയ്യുന്നുണ്ട് ശിശുവിനത് കണ്ടിട്ട് നിശ്ചിന്തനായിരിക്കാൻ പറ്റും പറ്റത്തില്ല അവൻ ദക്ഷി കംഷതി രണ്ടും സംഭവിക്കുന്നു ഈ ദുരിത അഭിനിവേശത്തിൽ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു സമാധാനമൊന്നും പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെയല്ല പോവും അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം ഇനി ഞാൻ എന്തു ചെയ്യണം എന്ത് നേടണം എന്തുപേക്ഷിക്കണം അപ്പോ ഇത് മനസ്സിലാകത്തില്ല ഉദാസീനവദാസീനോ പുണേറിയോന വിചാല്യെന്നൊന്നും പറയുന്നത് മനസ്സിലാകത്തില്ല എത്ര കേട്ടാലും മനസ്സിലാകത്തില്ല ശിശു മനസ്സാണെങ്കിലും ബാലന്റെ മനസ്സാണ് അവിടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിൽക്കത്തേ ഉള്ളൂ ആ ഇഷ്ടാനിഷ്ടങ്ങൾ വിവിധ വ്യവഹാരത്തിന് മാത്രമല്ല തത്വഗ്രഹണത്തിനും ഇതിഷ്ടം അതനിഷ്ടം ഇവിടെ തത്വഗ്രഹണം മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നും ഇവിടെ ചെയ്യാനില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്ന കർമ്മണ ശാരീരികമായോ വാചികമായോ മാനസികമായോ കർമ്മം കൊണ്ടൊന്നും നേടാനില്ല ആത്യന്തികമായ പരമപുരുഷാർത്ഥവും നേടാനുള്ള ബാക്കി ഇവിടെ പലതും നേടാനുണ്ട് ഭൗതികമായി പലതും നേടാനുണ്ട് അതിനും നിഷേധിക്കുന്നുണ്ട് കാരണം പ്രപഞ്ചമില്ലാത്തതാണെന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് പ്രപഞ്ചത്തിന് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ നേടിക്കുള്ളൂ അതും ഇതുമായിട്ട് ബന്ധമൊന്നും നിങ്ങൾക്ക് ഇവിടെ പലതും വേണം ഭൗതികമായിട്ട് പലതും നേടണം ആത്മീയമായി പലതും നേടണം ഇവിടെ അങ്ങനെയൊന്നും നേടാനില്ല നഷ്ടപ്പെടുത്താനുമില്ല ഇതെല്ലാം ഈ ദ്വൈതാഭിനിവേശം കൊണ്ടാണ് ദ്വൈതാഭിനിവേശ സന്മാത്രം അവിവേകീ സത്യവുപത്യേ ഈ സത് ഇനെ കുറിച്ചുള്ള വിവേകമില്ലായോ അതുകൊണ്ടാണ് ഈ ദ്വൈതാഭിനിവേശം അവിടെ നിന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങളല്ല ആത്മീയ ചോദ്യങ്ങളും ഭൗതിക ചോദ്യങ്ങളും എല്ലാം ഭൗതികയാത്ര മാത്രം അപകടം പിടിച്ചതാണോ അതുപോലെ അപകടം പിടിച്ചാണ് ഈ ആധ്യാത്മിക എപ്പോ ഈ ദ്വൈതാഭിനിവേശം ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ടി ഒന്നിനേക്കാൾ മറ്റൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ടും മനുഷ്യന് ഭദ്രമുണ്ടാക്കുന്ന സന്മാത്ര അവിവേകി സത്യം പക്ഷേ ഈ പറയുന്ന വിവേകം ഇല്ലാത്തിടത്തോളം കാലം അത് നിലനിൽക്കും എന്നാണ് ഇത് ലോകെ പറയുന്നു സർവ്വജനങ്ങളുടെയും സർവ്വ ജീവന്മാരുടെയും അനുഭവിച്ചത് തത്വഗ്രഹണം സംഭവിക്കുന്നുണ്ടോ അത് സംഭവിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു ദ്വിതാഭിനിവേശത്തിൽ സഞ്ചരിക്കുന്നു ആത്മീയമായും ഭൗതികമായും സഞ്ചരിക്കുന്നു എന്നിട്ട് നമ്മുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു കോട്ടങ്ങളിൽ വിലപിക്കുന്നു ദുഃഖിക്കുന്നു ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഭൗതിക സംസ്കാരം മറ്റൊന്ന് ആധ്യാത്മിക സംസ്കാരം ഒന്ന് ഭൗതിക ബന്ധനം മറ്റൊന്ന് ആത്മീയ ബന്ധനം രണ്ടൊന്നും വ്യത്യാസമുണ്ട് തളിക്കകത്ത് വിളിച്ചം വരണ്ടേ അതായത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ചോദിച്ചു അതെങ്ങനെയാ ഇതെങ്ങനെയാണ് ഇനി എന്താണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു യഥാവാ പിണ്ട ഘടാതി മൃദു അന്യബുദ്ധിയ പിണ്ട ഘ ശബ്ദേന അഭിനീയത ലോകെ രജ് വിവേക ദർശനാം സർപ്പ അഭിധാന ബുദ്ധി എന്ന് വർത്തേതേ ആ സർപ്പഭിധാന ബുദ്ധി നിവർത്തിക്കുന്നു അതുപോലെ തന്നെ മൃത് വിവേകദർശനാം ഖണ്ഡാതി ശബ്ദബുദ്ധി ഖണ്ഡശബ്ദബുദ്ധി എന്ന് വർത്തിക്കുന്നു ആ തത്വത്തിൽ സംഭവിക്കുന്ന നിവൃത്തിയെ കുറിച്ചാ പറയുന്നു നിവൃത്തി എന്ന് പറയുന്നത് കൊണ്ട് അതാ ഉദ്ദേശിക്കുന്നു അല്ല ഇല്ലാതാക്കുകയാണ് സർപ്പമില്ലാതായെന്നോ പാത്രം ഇല്ലാതായിരുന്നു പറയുന്നു സർപ്പ ശബ്ദമില്ലാതായിരുന്നു പാത്രം ഒന്നുമില്ല ശബ്ദം പിന്നെ ഇല്ലാതായിരുന്നു അല്ല മനസ്സിലാണോ ആ വിവേക ദർശനത്തിൽ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണ് സ്വന്തം നിഴലാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ നിഴലിനെ നമ്മൾ സ്നേഹിക്കും ഉദ്ദേശിക്കുകയും ചെയ്യും നായും പൂച്ചയും ഒക്കെ കാണാം കണ്ണാടിയുടെ മുമ്പ് ചെന്ന് നിന്ന് ചിലപ്പോൾ അതിനെ സ്നേഹിക്കുന്നു ചിലപ്പോൾ അതിനോട് യുദ്ധം ചെയ്യുന്നു കാരണാദിനെ സംബന്ധിച്ച് സത്യബുദ്ധിയാണ് പ്രതിബിംബത്ത് ഉള്ളത് പലതരത്തിൽ പ്രതികരിക്കും കണ്ടു തന്നാൽ നമുക്ക് അവിടെ ആ സ്ഥാനമേയുള്ള സർവ്വജീവന്മാർക്കും അവരുടെ സ്നേഹവും യുദ്ധവും എല്ലാം സ്വന്തം പ്രതിബിംബത്തോടാണ് വിവേകീസംബന്ധിച്ചിടത്തോളമാണെങ്കിലോ എങ്ങനെയാണോ ആ സർപ്പ ബുദ്ധി നിവർത്തിക്കുന്നത് എങ്ങനെയാണോ പാത്ര അഭിധാന ബുദ്ധി നിവർത്തിക്കുന്നത് അതുപോലെ ഈ ദ്വിതാഭിനിവേശം എന്ന് പറിക്കുന്നു അവിടെ ദ്വൈതാഭിനിവേശമുണ്ട് തദ്വ സദ്വിവേകദർശിനാണ് അന്യ വികാര ശബ്ദബുദ്ധി നിവർത്തി അതുപോലെ സദ്വിവേകദർശിക്ക് അന്യ വികാര ശബ്ദബുദ്ധി നിവർത്തിക്കുന്നു ഇവിടെ പറഞ്ഞ അന്യഥാഗ്രഹണങ്ങളിലുണ്ടായ വികാര ശബ്ദ ബുദ്ധികളും കൊടുത്തിരിക്കുന്നു തദ്വത് സദ്വിവേകദർശനം സദ്വിവേകമുള്ളവ ഇതാണ് പരമാർത്ഥം വാസ്തവെങ്കിൽ അങ്ങനെയല്ലല്ലോ നമ്മുടെ അനുഭവം നമ്മുടെ ജാഗ്രത അങ്ങനെയല്ല നമ്മുടെ അനുഭവം എന്ന് പറയുക നമ്മുടെ ജാഗ്ര ഇവിടെ ഈ സർപ്പബുദ്ധിയും പാത്രബുദ്ധിയും ഇതൊക്കെയാണ് കാണുന്നത് അവിടെ രജിബുദ്ധിയില്ല മൃത് ബുദ്ധിയില്ല അത് സാധാരണ വരുന്നില്ല വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല വരാൻ വേണ്ടി എന്താ ചെയ്തു അത് വരുന്നതിനു വേണ്ടി ഒന്നും ചെയ്തില്ല എന്തൊക്കെ ചെയ്തു അതെല്ലാം അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതുകൊണ്ടത് വരുന്നില്ല യഥോ വാച്ച ഒന്ന് ഇവിടെത്തന്ത അപ്രാപ്തി മനസ്സാ സഹ ഏതിൽ നിന്നാണോ മനസ്സും വാക്കും പിന്തിരിയേണ്ടത് അതിൽ നിന്നല്ല പിന്തിരിയുന്നു ഇവിടെ സർപ്പത്തിൽ നിന്നും രജ്ജുവിൽ നിന്നുമാണ് സർപ്പത്തിൽ നിന്നും പാത്രത്തിൽ നിന്നുമാണ് മനസ്സും ബുദ്ധിയും പിന്തിരിയേണ്ടത് പക്ഷെ മനസ്സും ബുദ്ധിയും പിന്തിരിഞ്ഞ് ഇവിടെ നിന്ന് സത്തിൽ നിന്നും അതാ സംഭവിച്ചു എന്തുകൊണ്ട് പ്രശ്നം വീണ്ടും തുടരുന്നു എന്നുള്ളത് സമാനം പറയുന്നു ഭാവിച്ച് വന്ന് പുറത്തന്തേ ആ സത്ത് നിന്നും വാക്കും മനസ്സും പിന്തിരിഞ്ഞിരിക്കുന്നു അതാ പ്രശ്നം വിവേകം ഇല്ല വിവേകമുണ്ടാകുന്നു അന്യഥാഗ്രഹണത്തിൽ മനസ്സ് ബുദ്ധി വറച്ചുപോയി തത്വത്തെ എത്രയൊക്കെ ശ്രുതി ബോധിപ്പിച്ചാൽ അത് ഗ്രഹിക്കാൻ മനസ്സുകൂട്ടാക്കുന്നില്ല ഇതൊരു വിപരീതമായി സംഭവിക്കുന്നു ഏതെന്നാണോ മനസ്സിൽ പിൻവാങ്ങേണ്ടത് മനസ്സതി തന്നെ നിൽക്കുന്നു ഈ ദ്വൈതാഭിനിവേശത്തിൽ നിൽക്കുന്നു മനസ്സ് ഇവിടത്തിന്റെ അപ്രാപ്തി മനസ്സഹ അസത്ത് അതിന്റെ സ്വഭാവതാണ് അതിരുക്തേ അന്തലയനെ ഇത്യാദി ശ്രുതിഭ പലതവണയിൽ ആവർത്തിച്ചിട്ടുണ്ട് അത് അതിന്റെ സ്വരൂപമാണ് നമ്മളിത് വിശദീകരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് ജഗത്ത് സത്ത് ഇതിനെ സംബന്ധിച്ച് അന്ദ് കാഴ്ചപ്പാടിലാണ് അല്ലെങ്കിൽ അന്ദ് ജഗത്തിനെ കാണുന്നത് സത്തായിട്ടാണ് ജഗത്തിനെ കാണുന്നത് ചൈതന്യമായിട്ടാണ് വാസുദേവ സർവീതമാണ് അദ്വൈതീയുടെ അറിവ് ചോദിക്കും ഇത് അറിവല്ലേ അനുഭവം അല്ലല്ലോ ചോദിക്കും പറയുന്ന അറിവല്ലേ അനുഭവം അല്ലല്ലോ അദ്വൈതത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമില്ല കാരണം അദ്വൈതത്തിൽ അറിവ് അനുഭവം എന്ന് പറയുന്ന ദ്വൈതമില്ല അറിവെന്നു അനുഭവം എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ അദ്വൈതത്തിൽ ഇല്ല അങ്ങനെ ഒരു ദൈതം അദ്വൈതത്തിൽ ഇല്ല അതുണ്ടെങ്കിൽ പിന്നെ അത് അദ്വൈതമാകത്തില്ല അറിവ് തന്നെയാണ് അനുഭവം അനുഭവം തന്നെയാണ് അറിവ് എന്തുകൊണ്ടത് സ്വയം പ്രകാശിക്കുന്ന പരാഭാഷ കൂടാതെ പ്രകാശിക്കുന്ന ഒന്നാണ് ദ്വൈതത്തിലറിവ് പേര് അനുഭവം പേര് അദ്വൈതത്തിനങ്ങനെ രണ്ടിന് അദ്വൈതത്തെ സംബന്ധിച്ച് ആദ്യം അറിവുണ്ടാകുക പിന്നീട് അനുഭവം ഉണ്ടാകുക അങ്ങനെ ഇല്ല അറിവിന്റെ സ്വരൂപം തന്നെയാണ് അനുഭവം അറിവ് അനുഭവ സ്വരൂപമാണ് പറയുന്നു ഒരാൾ പറയുന്നു എനിക്ക് അറിവുണ്ടായി പക്ഷെ അനുഭവമില്ല എന്ന് പറയുന്നു എനിക്ക് അറിവുണ്ടായി അനുഭവമില്ല വിവേകമുണ്ടായി അനുഭവം ഇല്ല എന്നൊരാൾ പറയുന്നു സ്പഷ്ടമാണ് ഇവിടെ വെളിച്ചമുണ്ടായി ഇരട്ടുണ്ടെന്ന് പറയുമ്പോഴുള്ളു വിളിച്ചമുണ്ട് പക്ഷെ ഇരുട്ടുകൊണ്ട് എന്ന് പറയുമ്പോഴാണ് വിളിച്ചത്തിൽ ഇങ്ങനെ ഇരുട്ടിന അസാധ്യം അങ്ങനെ രണ്ടില്ല അറിവിൽ രണ്ടാമതൊരു അനുഭവം വരത്തില്ല ദ്വൈതത്തിലുണ്ടാവും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെയൊക്കെ സംഭവിക്കും സത്തിൽ അതില്ല ഇവിടെ പറയുന്നത് എന്താണ് സത്തിൽ ഒന്നുമില്ല അഭിദാനാഭിധേയങ്ങളൊന്നുമില്ല അപ്പം അവിടെ പിന്നെ പ്രത്യേകിച്ച് അനുഭവം എന്ന് പറയുന്നൊരു അഭിധാനം അനുഭവം എന്ന് പറയുന്നൊരു അഭിധേയം അതൊന്നും ഉണ്ടാകത്തില്ല ഒന്നും പ്രതീക്ഷിച്ചിരിക്കില്ല മുയൽ കൊമ്പിനെ പ്രതീക്ഷിച്ചിരിക്കും പോലെയാണ് അതൊരിക്കലും ഉണ്ടാകത്തില്ല പിന്നെ ഈ ആൾക്കാർ അനുഭവം അനുഭവം എന്നൊക്കെ പറയുന്നു എനിക്കില്ല മറ്റേയാൾ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് അനുഭവങ്ങളുണ്ട് ഒരുപാട് മനസ്സിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി മായാ മനസ്സിന് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും മായാ മനസ്സിലുണ്ടാകുന്ന ഒരു അനുഭവവും അല്ല അദ്ദേഹം അല്ല ഉണ്ടായെങ്കിൽ അത് ഉണ്ടാവും അങ്ങനെ തുടർന്നുകൊണ്ടേ രണ്ടല്ല രണ്ടല്ല അതുകൊണ്ട് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല അങ്ങനെ ഉത്സവനം പറഞ്ഞു ഏറ്റവും ഉപാച്ചിടുത്ത അപ്രാപ്തി സമാധാനം അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കാൻ ഇവിടെ ദൂരീകരിക്കാനേ ഉള്ളു എന്താണ് ദൂരീകരിക്കേണ്ടത് അജ്ഞാന സംശയ വിപര്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ മുഖ്യമായിട്ട് ഇത് ദൂരീകരിക്കുക പ്രത്യേകിച്ചൊന്നും അനുഭവത്തെ കൊണ്ടുവരാണൊന്നും ആർക്കും പറ്റത്തില്ല അറിവിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അത് ഏക സ്വഭാവമാണ് അപരോക്ഷതയിൽ ഏറ്റക്കുറച്ചിലില്ല ഇതിന്റെ മറ മാറ്റുക എന്നത് അനുഭവിപ്പിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല അത് മറ മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടേ വേണം അതിനാണ് ശ്രവണ മനണങ്ങൾ എന്ന് പറയുന്നത് ആ ശരി പറയുന്ന ശ്രവണ മരണങ്ങൾ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നേടുന്നില്ല വേറെ എന്തെല്ലാം ചെയ്ത് വേറെന്താ നേടിയത് നേടിയതിന്റെ ഒരു പട്ടിക ആദ്യം വരട്ടെ വേറെ എന്തുകൊണ്ട് എന്ത് നേടി ഏ പത്തിരുപത് കൊല്ലമായിട്ട് കണ്ണടച്ചിരിക്കുന്നുണ്ടല്ലോ എന്താ സത്യം പറയണം കണ്ണും പറയരുത് മുഖത്ത് വാങ്ങി സത്യം പറയണം ഞാൻ കണ്ണടച്ചിരിക്കല്ലം കണ്ണടച്ചിരുന്നു എന്ത് നേടി സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് പറയുന്നു നേടിയില്ലെന്നുള്ളതിന്റെ തെളിവാണ് ഈ അവസ്ഥയിരിക്കുന്നത് പിന്നിവിടെ ശ്രോണും മനനുമൊക്കെ ഇന്നലെ തുടങ്ങി ഇന്നൊന്നും നേടിയില്ല എന്ന് പറയുന്നത് എന്താ തത്വത്തിൽ തത്വഗ്രഹണത്തിൽ ഒന്നും നേടാനുമില്ല കളയാനുമില്ല അനുഭവിക്കാനില്ല അനുഭവിക്കാതിരിക്കാനും മാറ്റാനുള്ളതിന് വിഭ്രാന്തികളും മാറ്റുക ഇവയൊക്കെ അത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അപ്പോ കർത്തത്വം അത് എത്രയോ തവണമെന്നതാണ് പക്ഷേ ഈ മായേന്റെ ശക്തി വളരെ വലുതാണ് ഏവോ വീക്ഷിത്വ തത് തേജോ അസർജിത തേജസ്വട് പറഞ്ഞ ഭാഗത്തെ ഇവിടെ വിസംഹരിക്കുകയാണ് ഇതാണ് തത്വത്തിന്റെ നില പരമാർത്ഥവിതാണ് ഇത് ശ്രവണ മലണങ്ങളിലൂടെ അത് സാധിക്കണം അത് സാധിക്കുന്നതിന് ഇതിന് വിപരീതമായിരിക്കുന്നതെന്തോ അതിനെ കളയുക അതേ ഉള്ളു അതാണിത് അതിനാണിത് സഹായിക്കുന്നത് വീണ്ടും അത് മരണം തുടർന്നു പോകും പലതരത്തിൽ ഒരു തരത്തിൽ പലതരം അധികാരികൾ പലതായതുകൊണ്ട് പലതരത്തിൽ പറയും വീണ്ടും സൃഷ്ടിയിൽ നിന്ന് തുടങ്ങും ഒരാളൊരു മലയുടെ മേൽ കയറാൻ ശ്രമിച്ചു കൊറേയൊക്കെ കയറിയപ്പോഴാണ് പിടിവിട്ടുപോയത് താഴെ പോകണം ഇവിടെ മനസ്സിലായ താൻ താഴെയാണ് നിൽക്കുന്നതാണ് വീണ്ടും ഒരു വഴിയാണ് വീണ്ടും കയറുക മേട്ട് അതാണ് ശ്രുതി ഒരു ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒരു തലമല എത്തിച്ച് വീണ്ടും തിരിച്ചു പോവും പഴയെടുത്തു നിന്നും വീണ്ടും തുടങ്ങും കാരണം പലരും മേടിന്ന് പിടിവിട്ട് താഴെ വന്നു പിന്നെ അവരെ കൂടെ കൊണ്ടുപോകൊണ്ട് വേറെന്തവര് മാത്രം കയറി പോയാൽ താഴെ വന്നവരെ വീണ്ടും പിടിച്ചു കയറ്റും പത്തെണ്ണത്തിന് ഒന്ന് മേടിച്ചിരുന്നു ബാക്കി ഒമ്പതും വീണ്ടും താഴെ പോവും വീണ്ടും തുടങ്ങും സൃഷ്ടി തത്തേജോ അക്രജത അവിടെ നിന്ന് അവർ വീണ്ടും തുടങ്ങും ഇത് ഉപദേശത്തിന്റെ ഒരു ശൈലിയാണ് ചാക്രിയമായ ശൈലി ഒരിടത്തോടെ നിർത്തിയിട്ട് വീണ്ടും പഴയടത്തുനിന്ന് തുടങ്ങും അത് കാണിക്കുന്ന മനനത്തിന്റെ ആവശ്യകത ഇത് മന്നനം തുടരണം ഏതുവരെയാണോ ഈ തത്വം സംശയരഹിതമായി ബോധിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി എനിക്കൊന്നും അറിയാനില്ല ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള അറിവില്ലായ്മയും ഇതിനെ സംബന്ധിച്ചതാണ് നിശ്ചന്ദനാണ് നിശ്ചയെന്ന് പറയുന്നത് അതാണ് ശാസ്ത്രദ്രോ നിശ്ചിന്തതയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് മനസ്സിനെ എലാസ്റ്റിക്കിനെ പിടിച്ച് വലിച്ചു കെട്ടുന്നത് പിടിച്ചു കെട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്ന ഒരിക്കലും അതൊന്നും ഒരിക്കലും സാധ്യമല്ല അത്തരത്തിൽ പറ്റില്ല നിശ്ചിതന്തത എന്ന് പറയുന്നത് തത്വത്തിൽ മാത്രമേ വരൂ വേറെടുത്തും വരത്തില്ല സമാധി പോലും വരപ്പില്ല എന്തുകൊണ്ട് സമാധി എന്ന് ഉണരേണ്ടി വരും പോയില്ലേ എലാസ്റ്റിക്കിന്റെ പിടി വിട്ടുകഴിഞ്ഞാൽ പോയി വീണ്ടും പൊറ സ്ഥിതിയിലാവും നിശ്ചിന്തത വേറെടുത്തും കിട്ടില്ല സമാധിന്ന് ഉണരുന്നേ ഇല്ല ഒരാൾ വാശി പിടിക്കുന്നു ദീർഘ സമാധി കല്പാന്തം വരെ ഇരിക്കുക അത് കഴിയുമ്പോൾ ഉണർന്നേ കിട്ടും ഈശ്വരന്റെ നിയമത്തെ തെറ്റിക്കാൻ യോഗിക്കാൻ സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് സാധ്യമല്ല നിശ്ചിന്തതെന്നു പറയുന്ന തത്വത്തിന് മാത്രം അതെന്തായി തത്വത്തിന് നിശ്ചിന്തത അജ്ഞാന സംശയവിപര്യങ്ങൾ ഇല്ലാതിരിക്കാതാണ് നിശ്ചിന്തത എന്നു പറയുന്നത് അത് വിവേകത്തിന് സാധ്യമാകും അഭ്യാസത്തിൽ സാധ്യമാവത്തില്ല അഭ്യാസം എന്നൊരു ഇതും മനസിന്റെ പാകപ്പെടുത്തലാണ് സ്വഭാവമാണ് അത് ഏത് ഏതു വഴിക്കും പോവാം ഏതു വഴിക്കും സഞ്ചരിക്കാം തത്വം അങ്ങനെയല്ല തത്വം നിരധ്യമാണ് ഏറ്റക്കുറിച്ചിലുള്ളതാക സ്വയം പ്രകാശിക്കുന്നതാണ് അത് സ്വർഗം തന്നെ എന്നാണ് അത് നിശ്ചിന്തമാണ് അവിടെ സംശയ വികാര്യങ്ങൾ ഉണ്ടാക്കാതിരുന്നവ്ഞാനത്തെ സൃഷ്ടിക്കാതിരുന്നവണ്ണാടി സ്വയം സ്വച്ഛമാണ് നിങ്ങളതിൽ ി പ്രതിബിംബത്തെ ഉണ്ടാകുകയായിരുന്നു അതുപോലെയാണ് ഇവിടെ സമൂഹം അസ്രത എന്ന് പറഞ്ഞ് വീണ്ടും പറയുന്നതിനു വേണ്ടി ഇത്രയും വ്യക്തമായി എല്ലാം ഭാഷകാര വ്യക്തമായി നിർദ്ദേശിച്ച ആ സത്ത് ആ സത്തിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായത് ആ സൃഷ്ടിയാണ് നീ ഈ സൃഷ്ടി രൂപത്തിലേക്ക് നീ ആ സത്താണ് തത് തുമസി ആ സത്താണ് നീ അങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആ പറയുന്നത്